ജീവന് ജീവൻ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവി പല്ലിന് പല്ല് മുറിവുകൾക്ക് പ്രതികാരം എന്നിങ്ങനെ അതിൽ നാം അവർക്ക് നിർദ്ദേശിച്ചു എന്നാൽ ആരെങ്കിലും അത് ദാനം ചെയ്താൽ അതവന് പാപമോചനമായിരിക്കും അള്ളാഹുസുബാനുഹുവത്താലായി ഇറക്കിയതുകൊണ്ട് വിധി തീർക്കാത്തവർ അവരാകുന്നു അക്രമികൾ